വിശ്വസിച്ച ശേഷം സത്യനിഷേധികളായ ദൂതൻ സത്യവാനാണെന്ന സാക്ഷ്യം വഹിക്കുകയും വ്യക്തമായ തെളിവുകൾ തങ്ങൾക്ക് വരികയും ചെയ്ത ഒരു ജനതയെ അല്ലാഹുസുബഹാനഹൂവത്തെ ആല എങ്ങനെയാണ് നേർവഴിയിലാക്കുക അല്ലാഹുസുബഹാനഹഹൂവത്തെ ആല അക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല